അധ്യായം പതിമൂന്ന് യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്ത ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധിഘട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം ഇസ്രയേലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല ഇസ്രയേൽ ഗ്രഹത്തിനുവേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരളപ്പാട് എന്ന് പറയുന്നു യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവർത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരളപ്പാടെന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജപ്രശ്നം പറയുകയുമല്ലയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഫോഷ് ദർശിച്ചിരിക്കാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നുവെന്ന് യഹോബയായ കർത്താവിന്റെ അരുളപ്പാട് വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല ഇസ്രയേൽ ഗ്രഹത്തിന്റെ പേർവഴിച്ചാർത്തിൽ അവരെ എഴുതുകയില്ല ഇസ്രയേൽ ദേശത്തിൽ അവർ കടക്കുകയുമില്ല ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങളറിയും സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്ക കൊണ്ടും അത് അവർ കുമ്മായം പൂശിക്കളയുന്നതുകൊണ്ടും അടന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് പെരുമഴ ചുരിയും ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും ചുവർ വീണിരിക്കുന്നു നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ അതുകൊണ്ട് ഈ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എന്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുമാറാക്കും എന്റെ കോപത്തിൽ പെരുമഴ പെയ്യ്ക്കും എന്റെ ക്രോധത്തിൽ മുടിച്ചുകളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും അത് വീഴും നിങ്ങൾ അതിന്റെ നടുവിൽ മുടിഞ്ഞു ഞാൻ യഹോയെന്ന് നിങ്ങൾ അറിയും അങ്ങനെ ഞാൻ ചുവരിന്മേലും അതിന് കുമ്മായം പൂശിയവരുടെ എന്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട് ഇനി ചുവരില്ല അതിന് കുമ്മായം പൂശിയവരായി എരുഷലമിനെക്കുറിച്ച് പ്രവചിച്ച് സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രയേലിന്റെ പ്രവാചകന്മാരും ഇല്ല എന്ന് പറയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര സ്വന്ത വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്കു വിരോധമായി പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്കുതക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ എന്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടിക്കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഫോഷ്കു കേൾക്കുന്ന എന്റെ ജനത്തോട് ഫോഷ്കു പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു പിടി ഒരു അപ്പകർഷ്ണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ കർത്താവ് ഇപ്രകാരം അരുളി ദേഹികളെ പർവ്വജാതികളെപ്പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾ പർവ്വജാതികളെപ്പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടിവിക്കും നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചുകീറി എന്റെ ജനത്തെ നിങ്ങളുടെ കൈയിൽ നിന്ന് വിടിവിക്കും അവർ ഇനി നിങ്ങളുടെ കൈക്കൽ വേട്ടയായിരിക്കേയില്ല ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെക്കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിനി വ്യാജം ദർശിക്കുകയോ പ്രശ്നം പറയുകയോ ചെയ്യുകയില്ല ഞാൻ എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും